അധ്യായം ഒന്ന് തെക്കോവയിലെ ഇടയന്മാരിൽ ഒരുത്തനായ ആമോസ് യഹൂദ രാജാവായ ഉസിയാവിന്റെ കാലത്തും ഇസ്രയേൽ രാജാവായ യോവാശിന്റെ മകനായ യോരോബിയാമിന്റെ കാലത്തും ഭൂകമ്പത്തിന് രണ്ട് സംവത്സരം മുമ്പേ ഇസ്രയേലിനെ കുറിച്ച് ദർശിച്ച വചനങ്ങൾ അവൻ പറഞ്ഞതോ യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ചു മിൽ നിന്ന് തന്റെ നാദം കേൾപ്പിക്കും അപ്പോൾ ഇടയന്മാരുടെ ദുഃഖിക്കും കർമേലിന്റെ കുടുമുടി വാടിപ്പോകും യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ദമ്മശക്കിന്റെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവർ ഗലയാതിനെ ഇരുമ്പ് മെതിവണ്ടി കൊണ്ട് മെതിച്ചിരിക്കാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളകിയില്ല ഞാൻ ഹസായേൽ ഗ്രഹത്തിൽ ഒരു തീ അയയ്ക്കും അത് ബൻഹദതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും ഞാൻ ദമ്മശക്കിന്റെ ഓടാമ്പൽ തകർത്ത് ആവൻ താഴ്വരയിൽ നിന്ന് നിവാസിയെയും ഏതൻ ഗ്രഹത്തിൽ നിന്ന് ചെങ്കോൾ പിടിക്കുന്നവനെയും ഛേദിച്ചു കളയും അരാമ്യർ ബദ്ധന്മാരായി കീറിലേക്ക് പോകേണ്ടിവരുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഗസയുടെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവർ ഏതോമിന് ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളകയില്ല ഞാൻ ഗസ്സയുടെ മതിലിനകത്ത് ഒരു അത് അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു ഞാൻ അസ്തോദിൽ നിന്ന് നിവാസിയെയും അസ്കലോനിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവനെയും ഛേദിച്ചുകളയും എന്റെ കൈ യക്രോന്റെ നേരെ തിരിക്കും ഫെലിസ്തിരിൽ ശേഷിപ്പുള്ളവർ നശിച്ചുപോകുമെന്ന് യഹോവയായ കർത്താവ് അരുളിച്ചെയ്യുന്നു